നിങ്ങളിൽ നിന്ന് പരിശ്രമിച്ചവർ ആരെന്നും അള്ളാഹുസുബാനഹുവലക്കും അവൻറെ റസൂലിനും വിശ്വാസികൾക്കും പുറമേ മറ്റാരെയും രഹസ്യമിത്രങ്ങളാക്കാത്തവർ ആരെന്നും അള്ളാഹുസുബഹാനഹുവത്ത ആല തിരിച്ചറിയുന്നതിനു മുൻപ് നിങ്ങൾ വിട്ടേക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനഹുവത്ത ആല സൂക്ഷ്മമായി അറിയുന്നവനാണ്